നമുക്ക് ദൈവവചനത്തിൽ നിന്നും നമ്മളെ ചിന്തിച്ചു വരുന്നതിനോട് ചേർന്ന് ഒരു വാക്യം നോക്കുകയും അത് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം എബ്രായർ ലേഖനമാണ് നമ്മൾ പഠിച്ചു വരുന്നത് പഠിച്ചു വന്ന് അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തി വാക്യം ഓരോ വാക്യമായിട്ട് എടുത്ത് നമ്മൾ നോക്കി ഏതാണ്ട് അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വന്നിരിക്കും അതിൻ്റെ ഏഴുവരെയുള്ള വാക്യങ്ങൾ എബ്രായർ കഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു എട്ടാമത്തെ വാക്യവും നമ്മളൊന്ന് പറഞ്ഞു പോ പോയി എട്ടാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം എട്ടാമത്തെ വാക്യം എന്ന് പറയുന്നത് എബ്രാഹ പതിമൂന്നിൻ്റെ എട്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ഈ വാക്യത്തോടെ എനിക്കൊരു പ്രത്യേക പേഴ്സണൽ ഒരു അടുപ്പമുണ്ട് ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഒരു കലണ്ടറിൽ ഞങ്ങളുടെ വീട്ടിലിരുത് തൂക്കിയിട്ടിരുന്നു അപ്പോൾ ഞാൻ അക്ഷരം പഠിച്ചു തുടങ്ങിയ കാലത്ത് ഈ പഠിച്ച ഒരു വാക്യമാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒത്തിരി നാളിന് ശേഷം നമുക്കൊരു പഴയ ഒരു സ്നേഹിതനെ വഴി വെച്ച് കാണുമ്പോൾ നമുക്കൊരു ആ ഒരു അടുപ്പമുള്ള പോലെ ഈ വാക്യങ്ങൾക്കിടയിൽ നിന്ന് ഈ വാക്യത്തെ കണ്ടപ്പോൾ എനിക്കൊരു പഴയ ഒരു ഒരു നിർഷാൽജിയ ഒരു പഴയ ഒരു അടുപ്പം പോലെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അന്ന് അനന്യം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാൻ അനന്യെന്ന് വെച്ചാൽ എന്താ യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അന്യനല്ലാത്തവൻ എന്നാണോ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇംഗ്ലീഷിലാണല്ലോ ഇംഗ്ലീഷിൽ നിന്നാണല്ലോ പണ്ട് മിഷണറിമാരിത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരന്ന് അനന്യെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ യേശു ക്രിസ്തു ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ മാറ്റമില്ലാത്തവൻ സെയിം ജീസസ് ക്രൈസ്റ്റ് ഈസ് ദസ് സെയിം എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ യേശു ക്രിസ്തു ഇന്നലെ ഇന്നലെ അവിടുന്ന് ഇന്നും അവിടുന്ന് അങ്ങനെയാണ് നാളെയും അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു കൊച്ചുവാക്യമാണിത് പക്ഷേ ആ കൊച്ചുവാക്യം തരുന്ന അർത്ഥബോധം എത്ര വലുതാണ് എന്നുവെച്ചാൽ ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്ത് എല്ലാം മാറുന്നതാണ് എല്ലാം മാറുന്നത് മാറ്റമില്ലാത്തതായിട്ട് എന്താ ഉള്ളു എല്ലാം മാറുന്നതാണ് ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ എല്ലാം ഇന്ന് കാണുന്ന ആളുകളെ നാളെ കാണുന്നില്ല കാര്യങ്ങളിലെ മാറ്റങ്ങൾ മൂല്യബോധങ്ങളിലെ മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ നമ്മുടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിർണായകമായ പല വിധികൾ വന്നു ഇത്രേ നാൾ നമ്മൾ വിചാരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒത്തിരി കാര്യങ്ങളിൽ അങ്ങ് വിധികൾ വന്നു എല്ലാം മാറിപ്പോവുക മാറുക ഞാൻ പറഞ്ഞത് ആളുകൾ മാറുന്നു സാഹചര്യങ്ങൾ മാറുന്നു ബന്ധങ്ങൾ മാറുന്നു മൂല്യസങ്കല്പങ്ങൾ മാറുന്നു അങ്ങനെ മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഒരു വാക്യം ഒരാൾ മാറുന്നില്ല സൈമാണ് ഇന്നലെ എങ്ങനെയാണോ ഇന്നും അങ്ങനെയാണ് നാളെയും അങ്ങനെയാണെന്ന് പറയുന്നത് നമ്മളൊരു ആഴക്കടലിൽ ഇങ്ങനെ പോകുമ്പോൾ എങ്ങും പിടിക്കാൻ നമുക്കൊരു ഒന്നുമില്ലാതിരിക്കുമ്പോൾ ആ നിലയിൽ ഒരു ഒരു ഇതിൽ ഒരു കയറിലെ പിടുത്തം കിട്ടിയതുപോലെ എല്ലാം മാറിപ്പോകുന്നു ആ ചാഞ്ചല്യങ്ങൾക്കിടയിൽ ഇതാ മാറ്റമില്ലാത്ത ഒരുവൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്ന് ഇന്നലേക്കും അനന്യം തന്നെ നമ്മൾ എബ്രാഹിം കൈതീ ലേഖനം നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ പ്രയോഗം നമ്മൾ വേറൊരിടത്ത് കാണുന്നുണ്ട് എബ്രാഹിർ കൈദി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം നോക്കുക ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് അവ നശിക്കും ആകാശവും ആകാശം നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്ന ആകാശം ഉൾപ്പെടെ എല്ലാം മാറിപ്പോകും അതെല്ലാം നശിക്കും അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും നീയോ അനന്യൻ നീയോ അനന്യൻ നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയും ഇല്ല പറയുന്നു നമ്മൾ ഈ ഭാഗം പഠിച്ചപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇതാരെ കുറിച്ചാണ് പറയുന്നത് വലിയവനായ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവമാണ് ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഈ ഭൂമിയെ സൃഷ്ടിച്ചു ഈ ആകാശത്തെ നിർമ്മിച്ചു ഇതെല്ലമുണ്ട് പക്ഷേ ഈ ആകാശത്തെ ആകാശം എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ വായിച്ചത് അവ വസ്ത്രം ചുരുട്ടുന്നത് പോലെ ചുരുണ്ടുപോകും അവ മാറിപ്പോകും അവ നീങ്ങിപ്പോകും എന്നുവെച്ചാൽ ഈ ഭൂഗോളത്തിനും ആകാശത്തിൻ്റെ ശക്തികൾക്കും ഒക്കെയും മാറ്റങ്ങളുണ്ടാകും അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഈ കാര്യങ്ങൾക്ക് പോലും മാറ്റമുണ്ടാകുമ്പോഴും അതിൻ്റെ ഇടയിൽ അവിടെ സങ്കീർത്തനക്കാർ അവിടെ എബ്രാഹൽ ലൈനകാരം പറഞ്ഞു ദൈവമേ ഇതെല്ലാം മാറിപ്പോകു നീയോ അനന്യൻ നിനക്ക് മാത്രം നിനക്ക് മാത്രം മാറ്റമില്ല നിനക്ക് മാറ്റമില്ല നീ സെയിം ആണ് നീ അനന്യൻ ഈ വാക്ക് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് എബ്രായർ പതിമൂ പതിമൂന്നിൻ്റെ എട്ടിൽ കാണുന്നത് നീയെ അനന്യൻ അനന്യൻ എന്നു വച്ചാൽ ദൈവം മാറ്റമില്ലാത്തവൻ ഇവിടെ പറയുന്നു യേശു മാറ്റമില്ലാത്തവൻ യേശു ക്രിസ്തു ആരാ ദൈവമാണ് ദൈവമാണ് പുതു പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ആ തൃത്വം അത് മാറുന്നതല്ല യേശു ക്രിസ്തു ദൈവമാണ് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം പക്ഷേ ഈ കർത്താവിന് മാറ്റമുണ്ടാകുകയില്ല എന്നുള്ളതാണ് നമ്മളിവിടെ വായിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളിത് ഇവിടെ വായിച്ചപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട് എന്താ എന്താ സംഭവിക്കുന്നത് അവിടെ ഭയപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ വരിക മധ്യത്തിൽ ദൈവം പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഞാൻ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു എന്നുവെച്ചാൽ ഭയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ നോക്കുക നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ നേരം വെളുക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോൾ ഒക്കെ പേടിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് വരുന്നത് എങ്ങനെ പോകും പെട്ടെന്ന് ആ ഇന്ന് നാളെയും വലിയ കാറ്റും ഇതുമൊക്കെയാണ് പഴയതുപോലെ വീണ്ടും ഒരു വെള്ളപ്പൊക്കം വരുമോ കാലാവസ്ഥ നിരീക്ഷകർ പറയാം ഇന്ന് നാളെയും ഒക്കെ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചു നമ്മുടെ എല്ലാ സഹോദരന്മാർ ഇടുക്കി ജില്ലയിലും ഞായറാഴ്ച മീറ്റിങ്ങിന് പോകാനായിട്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഇടുക്കി ജില്ലയിലെന്താ റെഡ് അലർട്ടാണ് റെഡ് അലർട്ടാണ് നാളെ എങ്ങനെ വരുമോ എന്ന് അറിയില്ല അതുകൊണ്ട് ആരും അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞിരിക്കുക സൗരന്മാർ പോകുന്നില്ല നോക്കാം ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുക വീണ്ടും ഒരു വെള്ളപ്പൊക്കമാണോ വരുന്നത് വീണ്ടും ഒരു പ്രയാസങ്ങൾ വരികയാണോ നമ്മൾ ഭയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ വരിക നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക കുഞ്ഞുങ്ങളൊക്കെ തന്നെ അവരൊക്കെ എവിടെയൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ എവിടെ ഇരിക്കുന്നു അവരൊക്കെ എവിടെയാണ് ോകത്താവരെ ഏത് സാഹചര്യത്തിലാണ് ഈ ലോകത്തോളം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഏതെല്ലാം തരം ആളുകളാണ് ഇവരുടെ ഇടയിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു പോകും എങ്ങനെ സൂക്ഷിക്കപ്പെട്ടു പോകും എങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കും ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉത്കണ്ഠകളും പേടികളും ഭയങ്ങളും വിചാരപ്പെടലും വരാം അതിൻ്റെ മധ്യത്തിലാണ് എന്ത് കാണുന്നത് മാറ്റമില്ലാത്ത ഒരു വചനം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഇന്നേക്കും മാറ്റമില്ലാത്തവൻ കണ്ടോ ആ കാര്യം കാണുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകൾ എന്ത് വേണം മാറിപ്പോകണം നമ്മുടെ ഭയങ്ങൾ മാറിപ്പോകണം നമ്മുടെ പേടികൾ ഇല്ലാതാവണം കാരണം ഇതിനെയെല്ലാം നിർമ്മിച്ച എല്ലാത്തിനെയും പരിച്ച് നിയന്ത്രിക്കുന്ന സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവം അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു അവിടെ നിന്ന് എൻ്റെ പിതാവാണ് എന്നുള്ള ഒരു ഉറപ്പാണ് അത് തരുന്നത് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ നമ്മളിവിടെ വായിച്ചത് പതിമൂന്നിൻ്റെ വീട്ടിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യെ ആ കർത്താവ് തന്നെ ഈ സുവിശേഷങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണെന്ന് പറഞ്ഞു യേശു പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വചനം ആറിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വചനം അവിടെ ഇതാ കാണുന്നു നിങ്ങൾ ശരീര അതിൻ്റെ ഇരുപത്തി വചനം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് വിചാരപ്പെടുക വിചാരപ്പെടുക നമ്മൾ ഇപ്പോൾ ആ കാര്യമാണ് പറഞ്ഞത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഉത്കണ്ഠകൾ വരിക വിചാരപ്പെടുക ഇവിടെ വരുന്ന വിചാരങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് കർത്താവ് പറഞ്ഞത് എന്ത് തിന്നും എന്തു കൊടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക ഇവിടെ എന്താ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ബേസിക് നെസസിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് തിന്നുക കുടിക്കുക വസ്ത്രം ധരിക്കുക ഇങ്ങനെയുള്ള ഒരു അത്യാവശ്യ കാര്യം ഇതിനോട് ചേർത്ത് നമുക്ക് പറയാം ഒരാൾ പഠിച്ചു ആളിനൊരു ജോലി വേണം അതൊക്കെ അയാളുടെ ബേസിക്കായ അടിസ്ഥാനപരമായ ആവശ്യമാണ് ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ മുമ്പാകെ നമ്മൾ പലപ്പോഴും പകച്ചു നിൽക്കുക നമ്മളിപ്പോൾ ഒരു മോൻ പറഞ്ഞല്ലോ അവനൊരു ജോലി ഉണ്ടായിരുന്നു ഗൾഫിലൊരു ജോലി ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ ജോലി പോയി ജോലി പോയി ഇനി ദാനു ഭാര്യ എന്തുവോ ചെയ്യേണ്ടി അറിഞ്ഞുകൂടാ ഒരു ജോലി കിട്ടണം ഒരു അടിസ്ഥാന ആവശ്യമാണ് ആ ജോലി ഉണ്ടെങ്കിലേ എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ തിന്നാനോ കുടിക്കാനോ അത്യാവശ്യത്തിനുണ്ടല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ വേണ്ടതുപോലെ ഈ സമൂഹത്തിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മറ്റാളുകളെപ്പോലെ നമുക്കും ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പലയിടത്തും നിഷേധിക്കപ്പെടുമ്പോഴും പല വാതിലുകളും നമ്മുടെ മുമ്പാകെ അടയപ്പെടുമ്പോഴും ജോലി ഉണ്ടായിരുന്നു പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പെട്ടെന്ന് ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടായി ആ വീട് ജപ്തിയായിപ്പോയി വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു ഇനി എന്താ എങ്ങനെ കഴിയും എങ്ങനെ കഴിയും എന്ത് തിന്നും എന്തുക്കും എന്ത് കഴിക്കും ഇവിടെ കർത്താവ് പറയുന്നത് കണ്ടോ മത്തായി ആറാമധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വചനം ഈ വചനങ്ങളൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്തെടുക്കണം കർത്താവ് പറയുന്നു നീ എന്തോ ചെയ്യേണ്ട വിചാരപ്പെടണ്ട ഇന്ന് ശരീരത്തെ കൊണ്ടോ എന്ത് തിന്നും എന്ത് എന്ത് കുടിക്കും അല്ലെങ്കിൽ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞ് നാളെ ഇവിടെ തലചായ്ക്കും എനിക്കും കുഞ്ഞുങ്ങൾക്കും എങ്ങനെ ജീവിക്കാനൊക്കും എനിക്കൊരു ജോലി കിട്ടുമോ ഇങ്ങനെയുള്ള ബേസിക് നെസസിറ്റീസിനെ കൊണ്ട് വിചാരപ്പെടുന്ന ആരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു എന്തുകൊണ്ട വിചാരപ്പെടണ്ട വിചാരപ്പെടണ്ട അതാണ് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലും ഈ കർത്താവ് വിചാരപ്പെടരുത് എന്ന് വീണ്ടും എടുത്തു പറയുന്നത് നമ്മൾ കാണുന്നു അവിടെയും അതേ കാര്യമാണ് കാണുന്നത് മുപ്പത്തി ഒന്ന് മത്തായി ആറിൻ്റെ മുപ്പത്തി ഒന്ന് നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യം എന്നറിയുന്നുവല്ലോ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ണ്ടോ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ വിചാരപ്പെടരുതെന്ന് പറഞ്ഞു ഡോൺ ബി ആഷ്യസ് ഡോൺ ബി ആംഗ്യസ് എന്ന് പറഞ്ഞു മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പിന്നെയും പറയുക ഡോൺ ബി ആംഗ്യസ് ഞാൻ ചിലപ്പം വിചാരിച്ചു എന്തിനാ കർത്താവ് പിന്നെയും പിന്നെയും ഒരേ കാര്യം പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നത് ചേട്ടാ നിന്നോട് ഒരു കാര്യം വിചാരപ്പെടരുതെന്ന് പറഞ്ഞ ഉടനെ നീ വിചാരപ്പെടലെല്ലാം അവസാനിപ്പിച്ച് വെറുതെ ഇരിക്കുമോ ഇല്ല ചില കഴിയുമ്പോ പിന്നെയും നീ വിചാരപ്പെടാൻ തുടങ്ങും നിന്റെ സ്വഭാവം അറിയാവുന്നുകൊണ്ട് കർത്താവ് എന്തോ അത് പിന്നെയും നിന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് എന്നാണ് ഞാനതെടുത്തത് ഇല്ലേ നമ്മൾ പലരും ദൈവോചനം കേൾക്കുന്നു വിചാരപ്പെടരുത് ഓ വിചാരപ്പെടുന്നില്ല അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയേണ്ട അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയേണ്ട ഒരു മണിക്കൂർ കഴിയേണ്ട അല്ലെങ്കിൽ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായി പിന്നെയും എന്താ വരാം വിചാരപ്പെടൽ വരാം മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം എന്ത് കർത്താവ് എന്തോ ചെയ്തേക്കുന്നു യേശു വീണ്ടും പറയുന്നു രണ്ട് മൂന്ന് വാക്യങ്ങൾ താഴെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു വിചാരപ്പെടേണ്ട വിചാരപ്പെടണ്ട എന്നിട്ട് അവിടെ അതിനൊരു കാര്യം പറയുക ഇങ്ങനെയൊക്കെ വിചാരപ്പെടുന്നത് ആരാ ജാതികളാ ജാതികൾ എന്ന് വെച്ചാൽ എന്താ ജാതികൾ എന്ന് വെച്ചാൽ സ്വർഗസ്ഥനായ ഒരു പിതാവില്ലാത്ത ആളുകളാണ് വിചാരപ്പെടുന്നത് അതിൻ്റെ മുപ്പത്തൊന്നി കണ്ടോ ജാതികൾ അന്വേഷിക്കുന്നു നിങ്ങൾക്കോ നിങ്ങൾക്കാരണ്ട് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട് സ്വർഗസ്ഥനായ പിതാവ് കണ്ടോ ഒറ്റ വാക്ക രണ്ട് വാക്കുകളാണ് സ്വർഗസ്ഥൻ എന്ന് വെച്ചാൽ അത് ആരെ കാണിക്കുന്നു സ്വർഗത്തിലാരായിരിക്കുന്നത് ദൈവമാണ് ദൈവം സ്വർഗസ്ഥൻ രണ്ട് അത് നമ്മുടെ പിതാവാണ് എന്ന് വെച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം വലിയവനായ ദൈവം നമ്മുടെ പിതാവാണ് നമ്മുടെ ഫാദറാണ് ഈ ഒരു സന്ദേശവുമായിട്ടാണ് യേശു വന്നത് ഈ ലോക ലോകത്തിൽ ദൈവത്തെ എന്തോ പേടിച്ച് ദൈവത്തോട് അടുത്ത് പോലും കഴിവില്ലാതെ പ്രത്യേകിച്ചും യഹൂദന്മാർ കർത്താവ് ജനിച്ച പശ്ചാത്തലം ജീവിച്ച പശ്ചാത്തലം കർത്താവ് സംസാരിച്ച ആളുകൾ അവരൊക്കെ ഈ യഹൂദ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നു യഹൂദ പശ്ചാത്തലത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ് ദൈവം ആർക്കും അടുക്കാനൊക്കാത്തവൻ അവന് അവന് അഗ്നി ജോലയ്ക്കത്ത കണ്ണുള്ളവൻ ഏ ദഹിപ്പിക്കുന്ന അഗ്നി ഇങ്ങനെയൊക്കെയാണ് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം യഹൂദൻ്റെ ആരാധനാ സമ്പ്രദായം തന്നെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള അവൻ്റെ ദേവാലയത്തിൻ്റെ അന്തർ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നിടത്ത് സാധാരണ യഹൂദനൊന്നും പ്രവേശനമില്ല പ്രവേശനമില്ല പ്രവേശനമില്ല ആകെ ആർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ മഹാപുരോഹിതൻ പുരോഹിതന്മാർക്കും പ്രവേശനമില്ല മഹോദപുരോഹിത പുരോഹിതന്മാരുടെ ചീഫായിട്ട് ദൈവത്താൽ അഭിഷക്തനാകുന്ന ആ മഹാപുരോഹിതന് മാത്രം അതും ആണ്ടിലൊരിക്കൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അവിടെ കയറി ചെല്ലാനൊക്കെ ഇല്ല ആണ്ടിലൊരിക്കൽ അവിടോട്ടൊന്ന് ചെല്ലാം ചെല്ലുന്നതിനെ കുറിച്ച് അവനാ വായിക്കുന്നത് അവൻ പേടിച്ചു കുറച്ചാണ് ചെല്ലുന്നത് കാരണം അവിടെ ഈ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ ദൈവ കയറി ചെല്ലുമ്പോൾ ഒരു എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന യഹൂദന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ എന്ത് വൈ ചെയ്യപ്പെടും ഞാൻ അവിടെ വീണ് മരിച്ചുപോകും അങ്ങനൊരു പേടിയോടെയാണ് ഈ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഈ ഈ നിലയിലുള്ള തിരശീലയ്ക്കപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഭയപ്പെട്ട് ഭയപ്പെട്ട് ഇങ്ങനെ കയറി ചെല്ലുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കയറി ചെന്ന് അവിടെ ചെന്ന് വീണ് മരിച്ചാൽ എന്തോ ചെയ്യും ഈ ഡെഡ് ബോഡി എടുത്തോണ്ട് പോകാൻ വേറൊരാൾക്ക് ചെല്ലാൻ നോക്കുകയില്ല കാര്യം ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം കയറി ചെല്ലാവുന്ന സ്ഥലമാണ് അതും തനിക്ക് വേണ്ടിയൊക്കെ യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചതിന് ശേഷം അങ്ങോട്ടൊന്ന് കയറാം അങ്ങനെയുള്ളിടത്ത് വെച്ച് എന്തെങ്കിലും ഈ മഹാപുരോഹിതൻ്റെ ജീവിതത്തിലാകട്ടെ അവൻ പ്രതിദാനം ചെയ്യുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലാകട്ടെ എന്തെങ്കിലും വാളിച്ചകളുണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മഹാപുരോഹിതൻ അവിടെ വീണ് മരിച്ച ആ മൃതദേഹം എടുക്കാൻ മറ്റൊരാൾക്ക് കയറാനൊക്കുകയില്ല അതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കത്തോടുകൂടി തന്നെയാണ് ഈ മഹാപുരോഹിതം കടന്നിയില്ലെന്ന് എന്താ അവനവൻ്റെ കാലയിൽ ഒരു ചങ്ങല കിട്ടും എന്നിട്ട് ആ ചങ്ങലയുടെ അറ്റം നീട്ടി പ്രാകാരം വരെ ഇട്ടേക്കും അപ്പോൾ ഈ പ്രാകാരത്തിൽ ജനം ഇങ്ങനെ കാത്തു നിൽക്കുക കാത്തു നിൽക്കുമ്പം തിരശീലയ്ക്കപ്പുറത്ത് അതിവിശുദ്ധ ഈ മഹാപുരോഹിതം കടന്നു പോയിരിക്കുന്നത് ഇവരിങ്ങനെ കാതോർക്കുക അവിടെ കാണും ചങ്ങലക്കിലക്കം കേൾക്കുന്നുണ്ടോ ചങ്ങലക്കിലക്കം കേൾക്കുന്നില്ലെങ്കിൽ അർത്ഥം എന്താ പുള്ളി വീട് മരിച്ചു അതേസമയം ആ ചങ്ങലക്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് അദ്ദേഹം ഓരോ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക തൂപം കാട്ടുക അതുകൊണ്ട് ആ ശബ്ദം കേൾക്കുന്നത് കാലയിലെ ചങ്ങല അങ്ങോട്ടും ഇങ്ങോട്ടും ആന നടക്കുമ്പോൾ ചങ്ങലക്കിലക്കം കേൾക്കുന്നു പറഞ്ഞ പോലെ മഹാപുരോഹിതനെ അതിൻ്റെ അകത്ത് നടക്കുമ്പോൾ കാര്യം തിരശീല കിടക്കുന്നുണ്ട് ഇപ്പുറത്തുള്ളവർക്ക് കാണാനൊക്കുകയില്ല ആകെ കേൾക്കാവുന്നത് കേൾക്കാൻ മാത്രമേ വെക്കുള്ളൂ അപ്പോൾ കേൾക്കുമ്പോൾ ചങ്ങലക്കിലുക്കം കേൾക്കുമ്പോൾ ഉണ്ട് ഉണ്ടോ ഉണ്ട് ഞങ്ങളുടെ മഹാപുരോധൻ എന്ത് വന്നിട്ടില്ല ഇതേ വരെ മരിച്ചിട്ടില്ല അതേസമയം പത്ത് മിനിറ്റായി പതിനഞ്ച് മിനിറ്റായി അരമണിക്കൂറായി ഒരു കിലുക്കോ കേൾക്കാതിരിക്കുമ്പോൾ എന്താ ഇനി വീണ് മരിച്ചോ അറിഞ്ഞൂടാ ഇവരെ ഇവിടെ നിന്ന് ചങ്ങലയിൽ ഒന്ന് പിടിച്ചൊന്ന് വലിച്ചു നോക്കും വലിച്ചു നോക്കുമ്പം പതുക്കെ ഒരു ഡെഡ് ബോഡി ആ തിരശ്ശീലയ്ക്കടിയിലൂടെ ഇങ്ങോട്ടിങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോ വരികയാണെങ്കിൽ അയ്യോ വീണ് മരിച്ചു നോക്കുക ഇതായിരുന്നു ദൈവസങ്കല്പം അങ്ങനെ ഒരു ദൈവസങ്കല്പം പുലർത്തിയിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇതാ നസ്രയത്തിലെ യേശു വന്നിട്ട് പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് പിതാവ് ഇതാണ് ഇവിടെ നമ്മൾ വായിച്ചത് മുപ്പത്തൊന്നാമത്തെ വാക്യം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു സ്വർഗത്തിലെ പിതാവിന് അറിയാം നമുക്ക് തിന്നണു കുടിക്കണം നമ്മുടെ കാര്യങ്ങൾ വേണം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കണം ജോലി കിട്ടണം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്ത് വേണം ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്താൽ മതി മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അപ്പോ വിചാരപ്പെടരുത് എന്ന് രണ്ടാമത് പറഞ്ഞ ഭാഗം മൂന്നാം അതേ അധ്യായത്തിൽ തന്നെ മൂന്നാമത് അവരുടെ അടുത്ത് കൂടെ പറഞ്ഞേക്കുക കണ്ടോ അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുവല്ലോ അതൊരു ദിവസത്തിന് അന്നത്തെ ദോഷം മതി ഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യം മുപ്പത്തൊന്നാമത്തെ വാക്യം മുപ്പത്തിനാലാമത്തെ വാക്യം മൂന്നിടത്ത് യേശു റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു വിചാരപ്പെടരുത് വിചാരപ്പെടരുത് വിചാരപ്പെടരുത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കർത്താവ് ഒരു വട്ടം പറഞ്ഞു രണ്ടു വട്ടം പറഞ്ഞു മൂന്നുവട്ടം പറഞ്ഞു ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം പറഞ്ഞാണല്ലോ ലേല ഉറപ്പിക്കുന്നത് ഏഹ് മൂന്ന് വട്ടം പറഞ്ഞു ഒന്ന് മൂന്ന് വട്ടം പറഞ്ഞാൽ പിന്നെ അത് പറയണ്ട അങ്ങനെ അത് പറഞ്ഞുറപ്പിച്ചിരിക്കുക നമ്മളോട് പറഞ്ഞിരിക്കുക നിങ്ങളെന്താ വേണ്ട വിചാരപ്പെടരുത് വിചാരപ്പെടരുതെന്ന് പറഞ്ഞ കർത്താവ് അതിൻ്റെ പത്താം അധ്യായം അത്ത എഴുതിയ സുശേഷം പത്താം അധ്യായത്തിൽ ഇതുപോലെ തന്നെ മൂന്ന് വട്ടം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നറിയാമോ ഭയപ്പെടണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് മത്തായി എഴുത സുശേഷം പത്താം അധ്യായം പത്താം അധ്യായം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ എന്താ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് അവരെ ഭയപ്പെടണ്ട മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കേയില്ല ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവീൻ ചെവിയിൽ പറഞ്ഞു കേൾക്കുന്ന പുരമുഖഘോഷിപ്പീൻ എന്നൊക്കെ പറയും അപ്പോൾ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നേരത്തെ നമ്മൾ ആറാമത്തെ അധ്യായത്തിൽ മൂന്ന് വട്ടം വിചാരപ്പെടരുതെന്ന് പറഞ്ഞതുപോലെ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്താറാമത്തെ വാക്യത്തിൽ ഇതാ ആദ്യം പറയുന്നു ഭയപ്പെടണ്ട എന്ന് പറയുന്നു അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് രണ്ടാമതും ഭയപ്പെടണ്ട എന്ന് കർത്താവ് പറയുന്നു മൂന്നാമത് മൂന്നാമത് അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം കണ്ടോ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കും മത്ത എഴുത സുവിശേഷത്തിൽ നിന്നാണ് അതിന്റെ ഇരുപത്തി ആ ആറില് ആദ്യം ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു ഇരുപത്തെട്ടില് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു മുപ്പത്തൊന്നില് ഭയപ്പെടണ്ടോ നേരത്തെ ആറാം അധ്യായത്തിൽ ഈ വിചാരപ്പെടേണ്ട വിചാരപ്പെടണ്ട വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാ നമ്മൾ നമ്മൾ ഭയപ്പെട്ടു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് ഭയപ്പെടേണ്ട ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് പറഞ്ഞേക്കും ഈ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞേക്കുന്നതിന് മൂന്ന് വാക്യങ്ങൾ നമുക്ക് യേശു ക്രിസ്തു ഇന്നലെയും എന്നേക്കും മാറാത്തവൻ അനന്യൻ എന്ന് പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ മൂന്ന് വാക്യങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വേഗത്തിലെ കുറച്ചുകൂടെ ഒന്ന് അതെന്താ അതിൻ്റെ ആ കോണ്ടസ്റ്റ് എന്താണെന്ന് നോക്കാം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കേയില്ല അപ്പൊ അവിടുത്തെ ഭയം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ ചിലത് ചിലത് മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെടുമോ ഗൂഢമായിരിക്കുന്നത് എല്ലാവരും അറിയുമോ എന്നുള്ള ഒരു ഭയമാണ് പ്രിയപ്പെട്ടവരെ ഇത് വേറെ ആർക്കും വേണ്ടിയല്ല പറയുന്നത് നമുക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭയമില്ലേ സത്യത്തിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അതൊന്നും എല്ലാവർക്കും അറിഞ്ഞുകൂടാ നമ്മൾ ചില രംഗത്ത് പെരുമാറിയത് അതെല്ലാവർക്കും അറിഞ്ഞുകൂടാ നമുക്കറിയാം ചിലപ്പോൾ നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്നവർക്കറിയാം ചിലപ്പോൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ ലോകത്ത് ഒരു മനുഷ്യനും അറിയയില്ല എന്നാൽ ഇതെല്ലാം ആർക്കറിയാം ദൈവത്തിനറിയാം ദൈവത്തിനറിയാം ദൈവം പറയുക ഒരു ദിവസം ഇതെല്ലാം എന്ത് ചെയ്യും അത് വെളിപ്പെടും അത് മറച്ചു വെച്ചൊന്നും വെളിപ്പെടാതെയും കൂടമായതൊന്നും അറിയാതെയും ഇരിക്കേയില്ല അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടാണെന്ന് വർദ്ധിക്കരുത് അത് കേട്ടാൽ സത്യത്തിൽ ഭയമല്ലേ ഉണ്ടാകുക നമ്മൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങൾ നമ്മൾ പെരുമാറിയ ചില രീതികൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ചില കുറ്റങ്ങൾ അതൊന്നും സമൂഹം നമ്മളെ പിടിച്ചില്ല പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്തില്ല സമൂഹം ഒന്ന് കണ്ടില്ല എങ്കിലും രണ്ട് ആർക്കൊക്കെ ഒന്ന് നമുക്കും അറിയാം രണ്ട് ദൈവത്തിനും അറിയാം ദൈവം പറയുക ഇത് ഒരു ദിവസം വെളിപ്പെടുത്തുമെന്ന് പറയുക വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞേക്ക് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറയുക ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞേക്ക ചേടാ അതൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നില്ലേ ഒരു ദിവസം ഇത് വെളിപ്പെട്ടാൽ അയ്യോ എൻ്റെ കാര്യം എങ്ങനെയാണെന്നല്ലയോ നമ്മുടെ പേടി എന്നാ ദൈവം പറഞ്ഞേക്കുക ഭയപ്പെടണ്ട അതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യമുണ്ട് പ്രിയപ്പെട്ടവര് നമുക്ക് ആദ്യം ഈ പേടിയെ പേടിയെക്കുറിച്ച് നോക്കാം നമ്മുടെയൊക്കെ മനുഷ്യരായ എല്ലാവരും അവരാരും പെർഫെക്റ്റ് അല്ല പൂർണ്ണരല്ല അവരൊക്കെ പല രംഗങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകൾ സമൂഹം വേണ്ടതുപോലെ അറിയുന്നില്ലെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലരും മാന്യരായിട്ട് നടക്കുന്നത് അല്ലേ ഒരു ദൈവഹൃത്യനൊരിക്കലിങ്ങനെ പറഞ്ഞു ഒരു ദൈവഹൃത്യനൊരിക്കലിങ്ങനെ പറഞ്ഞു ഞാൻ എന്നെ അറിയുന്നത് പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഒരിക്കലും എന്നെ ബഹുമാനിക്കുമായിരുന്നില്ല അല്ലേ നമുക്ക് തന്നെ അത് അത് ശരിയല്ലേ നമ്മൾ നമ്മളെ അറിയുന്നത് നമ്മൾ നമ്മളെ അറിയുന്നത് നമ്മളെത്ര കുഴപ്പക്കാരനാണെന്നും നമ്മളെത്ര പ്രശ്നക്കാരനാണെന്നും നമ്മൾ ചെയ്ത തെറ്റുകളും ഒക്കെ നമ്മളറിയുന്നത് പോലെ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുക അതൊക്കെ മറ്റ് പലരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുക സമൂഹത്തിൽ നിന്ന് മറച്ചു വച്ചിരിക്കുക ഞാൻ എന്നെ അറിയുന്നത് പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളാരും എന്നെ എന്ത് ചെയ്യലായിരുന്നു ബഹുമാനിക്കുകയിലായിരുന്നു ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ തെറ്റുകളിൽ ചിലതെങ്കിലും നമ്മളും ദൈവവും മാത്രമേ അറിയുന്നുള്ളൂ ദൈവം പറയുക അത് ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറയുക എന്നിട്ട് പറയുക ഭയപ്പെടേണ്ട എന്ന് പറയുക ഇതെങ്ങനെ ശരിയാകുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ സസ്പെൻസ് നീട്ടുന്നില്ല വളരെ വേഗത്തിൽ ഇങ്ങനെ അങ്ങ് പറയാം അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മുടെ രക്ഷകനും നാഥരുമായിട്ട് സ്വീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ നേടുമ്പോൾ ദൈവം എന്തോ ചെയ്തു ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ ക്ഷമിച്ചു എന്ന് മാത്രമല്ല എബ്രാഹിർ കഴിതി ലേഖനം എട്ടാമധ്യായം നമ്മൾ പഠിച്ച് വന്നിടത്ത് നമ്മൾ പഠിച്ചതാണ് എബ്രാഹിർ കഴിതി ലേഖനം എട്ടാമധ്യായം പത്താം അധ്യായം രണ്ടിടത്തും റിപ്പീറ്റ് ചെയ്ത് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് ഞാനിനി അതിനെ ോർക്കുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തത് നമ്മളെ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എന്തോ ചെയ്യും ഓർത്തു വെക്കും പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ എബ്രാഹം എട്ടിലും പത്തിലും പറയുന്നു ഞാനിനി അത് ഓർക്കയും അതുകൊണ്ട് നാളെ ദൈവം ഈ ലോകത്തെ വിസ്തരിക്കുക ലോകത്തെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ദൈവം മുഴുവൻ ജാതികളെയും ജനത്തെയും വിസ്തരിക്കുമ്പം നമ്മുടെ തെറ്റുകൾ ദൈവം വെളിവാക്കുമോ വെളിവാക്കാനായിട്ട് ദൈവം എന്താ പറഞ്ഞേക്കുന്നത് ഞാനത് ഞാനത് മറന്നു കളഞ്ഞു ഞാനത് മായച്ചു കളഞ്ഞു കണ്ടോ ദൈവ പൈതലാകുന്നതിൻ്റെ ഉള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ദൈവമകനായി തീരുമ്പോൾ ദൈവമകളായി തീരുമ്പോൾ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തന്നു അതൊരു വലിയ കാര്യമാണ് അതൊരു കാര്യമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാണ് ദൈവത്തിൻ്റെ ന്യായവിധി അപ്പം നമുക്ക് ഇനി ഒരു മരണമില്ല മരണമെന്ന് പറയുമ്പോൾ മരണത്തെ ഏതിനോട് ചേർത്താ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നരക ശിക്ഷയോടെയാണ് ചേർത്താണ് പറയുന്നത് പാപം ചെയ്ത ദേഹി മരിക്കുമെന്ന് പറയുമ്പോൾ പാപം ചെയ്തവൻ എന്ത് പോകും നരകത്തിൽ പോകും പക്ഷെ ദൈവം നമ്മുടെ പാപം ക്ഷപിച്ചതെന്നോടെ നമ്മുടെ നരകശിക്ഷ ഒഴിഞ്ഞു നമ്മുടെ ആ മരണം ഒഴിഞ്ഞു പാപമരണം ഒഴിഞ്ഞു ഒഴിഞ്ഞു അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ആ പാപ നമ്മളിനി നരകത്തിൽ പോകുകയില്ലെന്നുള്ളത് മാത്രമല്ല നമുക്കെതിരെ നമ്മൾ ചെയ്ത പാപങ്ങൾ ഇനി ഒരിക്കലും ദൈവം നമുക്കെതിരായിട്ട് പിടിക്കുകയില്ല നമുക്കെതിരായിട്ട് കൊണ്ടുവരികയില്ല അങ്ങനെ ഒരു അക്യൂസേഷൻ ഇനി ഉണ്ടാകുകയില്ല എന്നുള്ളത് അതും എത്ര വലിയ ഒരു കാര്യമാണ് ദൈവ മക്കൾക്ക് മാത്രമുള്ള ഒരു ഒരു ആ നിലയിലുള്ള ഉറപ്പാണത് അതേസമയമല്ലോ ദൈവത്തെ അറിയാത്ത ആളുകൾക്കോ അവരെയൊക്കെ അന്ത്യനാളിൽ ന്യായം വിധിക്കുമ്പോൾ ദൈവം എന്നെയും ദൈവം ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും വെളിപ്പെടുത്താതിരിക്കുകയില്ല കണ്ടോ ആ ഒരു കോണ്ടസ്റ്റിൽ നമ്മളോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് പത്തിൻ്റെ ഇരുപത്തി ആറിൽ മറച്ചു വെച്ചതൊക്കെ വെളിപ്പെടുകയുമൊക്കെ ഗൂഢമായതൊക്കെ വരികയൊക്കെ ചെയ്തു പക്ഷെ നിങ്ങൾ എന്തോ ചെയ്യണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട എന്തൊരു വലിയൊരു കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ ധൈര്യമെടുക്കുക നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിലുണ്ടായ പാപം നമ്മൾ ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഏറ്റു പറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പിന്നെയും നമ്മുടെ ധൈര്യം കെടുത്തിക്കളയത്തക്കവണ്ണം പിശാച അതിൻ്റെ ഓർമ്മകൾ കൊണ്ടുവന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വാക്യം ഓർത്തോണം ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുവരാം ആ തെറ്റു വന്നാലും നമുക്ക് എന്ത് ചെയ്യാം കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കാം പ്രാപിച്ച് അതിനെ അതിനെ മായച്ച് കളയാനായിട്ട് കഴിയും അങ്ങനെ മായച്ച് കളഞ്ഞു എന്ന് നമ്മൾ പിശാചിനോട് പറയണം ആ തോന്നലിനോട് പറയണം അല്ലാതെ ആ തോന്നലിനെ നമ്മൾ എന്തു ചെയ്യരുത് എൻ്റർടൈൻ ചെയ്യരുത് നമ്മുടെ ഹൃദയത്തിൽ അതിനെ എന്റർടൈൻ ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ അതിനെ പിന്നെയും പിന്നെയും ശരിയാണ് ഞാൻ കുഴപ്പക്കാരനാണ് ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ പിന്നെ നമ്മൾ ചിന്തിച്ചോണ്ടിരുന്ന എന്തു പറ്റും നമ്മുടെ ധൈര്യം പോവും നമ്മുടെ മുഖം വാടും നമുക്ക് ഭയം വരും അതുകൊണ്ട് ദൈവം ചെയ്ത ആ കാര്യം ഓർത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്ത ഒരു പാപവും ഒരാൾക്കും ചെയ്യാൻ ഒക്കുകയില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ യേശുവിൻ്റെ രക്തത്തിനും കഴിയാത്ത തരം ഒരു പാപം നമുക്കാർക്കും ചെയ്യാനൊക്കെയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാപം പോലും യേശുവിൻ്റെ രക്തത്തിന് എന്ത് ചെയ്യാൻ കഴിയും കഴിയാൻ കഴിയും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനെ പിന്നെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളെയും അനാവശ്യമായ ഒരു കുറ്റബോധത്തെയും നമ്മൾ എന്ത് വേണ്ട നമ്മൾ താലോലിക്കേണ്ട നമ്മളതിനെ റിജക്റ്റ് ചെയ്യുക നമ്മളതിനെ നിഷേധിക്കുക പിഷാദിനോട് പറയുക ഒരിക്കൽ ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല ഒരിക്കലും ഒരു ദൈവപ്രത്യൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു കഥയാണ് കഥയാണ് പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോ പിശാജ് ഒത്തിരി കാര്യങ്ങൾ അവന്റെ മനസ്സിൽ കൊണ്ടുവരുന്നു ഈ പണ്ട് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നല്ല അപ്പൊ അപ്പൊ ഈ ദൈവഹൃത്യം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ ഈ വാക്യത്തെക്കുറിച്ച് ഉറപ്പുള്ള ആളായിരുന്നു അപ്പൊ അദ്ദേഹം പിശാജിനോട് പറഞ്ഞു പിശാജിനോട് പറഞ്ഞു പിശാജ് ഇത് ഇത്രയും കാര്യങ്ങളെ നിനക്കറിയുള്ളൂ എന്ന് നിനക്കറിയാത്ത വേറെയും ചില കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റേത് ചെയ്തിട്ടുണ്ട് അതൊന്നും നീ പറഞ്ഞില്ലല്ലോ അതുമൊക്കെ ഞാൻ ചെയ്തതാണ് നിനക്കറിഞ്ഞുകൂടെ അതും കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം പക്ഷേ അതെല്ലാം എന്താ അതും നീ പറഞ്ഞതും എല്ലാം കർത്താവ് എന്തോ ചെയ്തു കഴിഞ്ഞു അത് മറന്നു കഴിഞ്ഞു അതുകൊണ്ട് നീ ഇനി ഈ ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് കഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ പലരുടെയും ഭയങ്ങൾ ഇങ്ങനെയുള്ള ഭയങ്ങൾ ആ ഭയത്തിനെതിരെ ഇവിടെ ഇതാ കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട ഭയപ്പെടേണ്ട എന്ന് പറയും രണ്ടാമതെന്താ പറയുന്നത് രണ്ടാമത്തെ ഭയപ്പെടുകണ്ട എന്ന് പറഞ്ഞ കോണ്ടസ്റ്റ് എന്താ അത് ഇരുപത്തെട്ടാമത്തെ വാക്യമാണ് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ കണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഇരുപത്തി ആറാം വാക്യത്തിലെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട നമ്മുടെ പാസ്റ്റുമായി ബന്ധപ്പെടേണ്ട ഭയപ്പെടണ്ട എന്നുള്ളതാണെങ്കിൽ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന ഭയപ്പെടണ്ട എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഭാവി കാലവുമായിട്ട് നമുക്കൊക്കെ സത്യത്തിൽ എന്തുണ്ട് മരണം മരണം നാളെ ഒരു മരണം ഉണ്ടാകും മരണമുണ്ടാകും മരണമുണ്ടായാൽ നമ്മിലെല്ലാം ഉള്ള മതബോധം കൊണ്ട് നമുക്കറിയാം തെറ്റ് ചെയ്തവർക്ക് എന്തുണ്ട് ശിക്ഷയുണ്ടെന്നറിയാം ഏഹ് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കർത്താവിനീ നരകശിക്ഷ എനിക്ക് തരികയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ആ വിശ്വാസത്തിൽ ഉറപ്പില്ലെങ്കിൽ ചിലപ്പോൾ എന്തു പറ്റും ചിലപ്പം എടാ നാളെ ദൈവം ഞാൻ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക വല്ല കാര്യത്തിനും ദൈവം എന്നെ നരകത്തിൽ തള്ളിക്കളയുമോ എന്ന് ഭാവിയെക്കുറിച്ചൊരു ഉത്കണ്ഠയും ഭാവിയെക്കുറിച്ചൊരു ഭയവും മരണാനന്തര ജീവിതത്തിൽ നമ്മളെ ദൈവം തള്ളിക്കളയുമോ ദൈവം നമ്മളെ സ്വീകരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു പേടിയും വരാം ഇതൊക്കെ വളരെ റിയലിസ്റ്റിക്കാണ് അല്ലാതെ അല്ല നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ വരാം അങ്ങനെ വരുമ്പോൾ ആ ഭയത്തോടാണ് ഇവിടെ പറയുന്നത് എന്ത് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഡോൺ ബി അഫ്രൈഡ് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞേക്കും കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞൊരു ദിവസം നമ്മുടെ കാക്കനാട് ചരച്ചിലുള്ള ഒരു സഹോദരനുമായിട്ട് ഞാൻ സംസാരിക്കായിരുന്നു ആ സഹോദരന് അവിടെയുള്ള ചെറുപ്പക്കാരെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ചെറുപ്പക്കാരോട് നമ്മൾ സംസാരിച്ച് അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ വളരെ ബേസിക്കായ ചില കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു ബേസിക്കായ കാര്യം നിങ്ങൾ ഇന്നിപ്പം മരിച്ച സ്വർഗത്തിൽ പോകുമെന്ന് എത്ര പേർ കുറപ്പുണ്ട് കൈവോക്കാൻ പറഞ്ഞു കൈ പൊക്കാൻ പറഞ്ഞപ്പം പല കുഞ്ഞുങ്ങളും കൈ പൊക്കിയില്ല നോക്ക നമ്മുടെ സഭയിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് അവരെ ഇന്ന് നീ മരിച്ചാൽ നീ സ്വർഗത്തിലാണ് നിന്നെ നരകത്തെ ദൈവം തള്ളിക്കളയുകയില്ല എന്നുള്ള ഉറപ്പുള്ളവർ കൈ പൊക്കാൻ പറഞ്ഞപ്പം ചില കുഞ്ഞുങ്ങൾ കൈ പൊക്കിയില്ല അവർ സത്യസന്ധരായതുകൊണ്ട് കൈപോക്കിയില്ലേ നമ്മളോട് ഇപ്പോൾ ചോദിച്ചാൽ നമ്മളെല്ലാവരും കൈപ്പോ കുഞ്ഞുങ്ങൾ താരതമ്യേന നിഷ്കളങ്കരും ഇതുമൊക്കെ ആയതുകൊണ്ട് അവർ കൈപോക്കുകയില്ല ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് എന്താ കുഞ്ഞുങ്ങൾക്ക് എന്താ പറ്റിയത് അവര് കുട്ടികളായിരിക്കുമ്പോൾ അവർ വിശ്വാസത്തിലേക്ക് വന്നു സഭയിൽ വന്നു രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടതാണ് ഈ കുട്ടികളൊക്കെ രക്ഷിക്കപ്പെട്ട കുട്ടികളാണ് ഈ കുട്ടികളിൽ ചിലർ സ്നാനപ്പെട്ടവരുമാണ് പക്ഷേ അങ്ങനെ പോകുമ്പോൾ അവരവരുടെ കോളേജ് ജീവിതത്തിൽ സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ദൈവഹിതമല്ലാത്ത ചില കാര്യങ്ങളിൽ ആ ചില പാപങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയി അതിനെക്കുറിച്ച് അവർ റിപ്പൻ്റ് ചെയ്തു അനുദപിച്ചു അനുദപിച്ചു കർത്താവേ ആ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചു എങ്കിലും ചില രംഗങ്ങളിൽ അവരെന്താ എന്ത് ചെയ്യുക പാവയെ ഓർത്ത് പേടിക്കുക ഇനിയിപ്പം നമ്മൾ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പാകെ മരണാനന്തരം നിൽക്കുമ്പം ദൈവത്തിന്റെ വിശ്വത്തേക്ക് ചേർന്നാലല്ലേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും ഇല്ലേ നരയത്തിലെങ്ങാണെന്ന് കളയുമോ അന്നേരം ഒരാൾ ചോദിക്കുന്നു സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ള ഒരു കൈവക്ക് അയ്യോ എനിക്ക് ഉറപ്പില്ലേ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയവരും നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാകാം ഈ മരണാനന്തര ജീവിതം നമ്മൾ ഇതെല്ലാം പറയുന്നു പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ സംശയിച്ചിട്ടില്ലേടാ ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെ ബ്രദർ ഇങ്ങനൊക്കെ ബൈബിളൊക്കെ എടുത്ത് ആറിൻ്റെ ഇരുപത്തിനാല് പത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഒക്കെ പറഞ്ഞ് ഇതൊക്കെ വായിച്ചൊക്കെ കേൾപ്പിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ആണോ റിയലി ഇങ്ങനെയൊക്കെ തന്നെ ആണോ അങ്ങനെ ഒരു സംശയം വരരുതോ സംശയം വരാം സഹോദരാ സഹോദരി എനിക്കും നമ്മൾ എത്ര എത്ര കൊച്ചു മനുഷ്യരാണെന്നുള്ളത് ആർക്കറിയാം ദൈവത്തിനറിയാം നമുക്ക് ഇതെല്ലാം ഉറപ്പ് ഉറപ്പ് തന്നാലും നമ്മൾ എന്തോ വരുക പറ്റാം നമുക്ക് സംശയം വരാമെന്നുള്ളതുകൊണ്ട് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം ഇതാ രണ്ടാമത് അതേ കാര്യം എടുത്ത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മളോട് പറയുന്നു നരകത്തിൽ തള്ളിക്കളയുന്നതും ഈ കാര്യമോർത്ത് നിങ്ങൾ ഭയപ്പെടണ്ട നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകൾക്കും ഭയങ്ങൾക്കും അവിടെ അറുതി വരുത്തിയിരിക്കുന്നു മൂന്നാമത്തെ ഭയപ്പെടണ്ട എന്ന് പറയുന്നതോ മുപ്പത്തി വാക്യം ആകെയാൽ ഭയപ്പെടണ്ട ഏറിയ കുരുകിലേനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ ഈ മുപ്പത്തൊന്നാം വാക്യത്തിലെ ഭയപ്പെടേണ്ട ഏതുമായി ബന്ധപ്പെട്ടതാ നമ്മൾ പറഞ്ഞു ഇരുപത്താറാമത്തെ വാക്യത്തിലെ ഭയപ്പെടേണ്ട ഭൂതകാലവുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞത് ഭാവി ബന്ധപ്പെട്ടത് ഈ മുപ്പത്തൊന്നാം വാക്യത്തിലെ ഭയപ്പെടേണ്ട ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വർത്തമാനകാലവുമായിട്ട് ബന്ധപ്പെട്ട ഇനിയിപ്പോൾ ആ ഒരു കാലമാണല്ലോ അവശേഷിക്കുന്നു വർത്തമാനകാലവുമായിട്ട് വർത്തമാനകാലത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് വരാം നമുക്ക് പല ഭയങ്ങൾ വരാം അവിടെ അതിൻ്റെ മേളും താഴെയും വായിക്കുക കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിലത്ത് നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ എന്താ കുറി കുരികളിനെ കുറിച്ച് പറയുന്നത് ഇവിടെ നമുക്ക് നമ്മൾ പലപ്പോഴും മറ്റൊരു സുവിശേഷവുമായിട്ട് താരതമ്യം ചെയ്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏഹ് കർത്താവ് എന്ത് പറയുന്നു കർത്താവ് കണക്ക് തെറ്റിയോ എന്ന് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അതായത് ഒരു കാശിനെന്താ രണ്ട് കുരികൾ അപ്പം രണ്ട് കാശിന് എത്ര കുരികളിനെ കിട്ടണം നാല് കുരികളിനെ കിട്ടണം പക്ഷേ കർത്താവ് ഒരിക്കൽ പറഞ്ഞു രണ്ട് കാശിന് അഞ്ച് കുരികളിനെ കിട്ടുകയില്ലേ അതന്നെ കർത്താവിന് കടക്കറിഞ്ഞു വിടയി നമ്മളെ പോലാണോ നമ്മൾ പലർക്കും കടക്കറിഞ്ഞുവിടാത്തവരെ പോലെ തന്നെയാണോ അല്ല അല്ല നമ്മൾ ആ കാര്യം പറഞ്ഞു അതായത് ഒരു കാശിന് രണ്ട് കുരികളിനെ കിട്ടും എന്നാൽ രണ്ട് കാശിന് നാല് കുരുകളിനെ വാങ്ങുന്ന ആളിന് കച്ചവടക്കാരൻ്റെ ഒരു കുരികളിനെ എക്സസ് എക്സസ് വെറുതെ കൊടുക്കും ഇങ്ങനാണ് അഞ്ച് കുരികളിനെ കിട്ടുന്നത് ഇതിലെ അഞ്ചാമത്തെ കുരുകിൽ നിലത്ത് വീഴുക അഞ്ചാമത്തെ കുരികളിന് എന്തെങ്കിലും വിലയുണ്ടോ ഇല്ല അതിനെ വെറുതെ കിട്ടിയതാ വെറുതെ കിട്ടിയ കുരിയിൽ കുരിയില്ല മറ്റേ നാല് കുരികളിൽ നിന്ന് പിന്നെ ഒരു തലക്കനമൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ വെറുതെ ഒന്നും വന്നാൽ ഇല്ല കാശ് കൊടുത്ത് വാങ്ങിച്ചതാ അഞ്ചാമത്തെ കുരിയിലോ അയ്യോ ഞാൻ പാവം പിന്നെ വെറുതെ സൗജന്യമായിട്ട് അതിനെന്തേലും ചെറിയ കുഴപ്പങ്ങളും കാണും അതുകൊണ്ടായിരിക്കും കച്ചവടക്കാരൻ എന്ത് വെറുതെ കൊടുത്തത് ഒന്ന് ഈ കാലിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലെ ചിറങ്ങിന് ഒരു പ്രശ്നമുണ്ട് അല്ലെ ചുണ്ടിനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയായിരിക്കും സൗജന്യമായിട്ട് കൊടുത്ത് ഏ നമ്മളെ കടയിൽ ഇപ്പോഴത്തെ ഈ റിബേറ്റിൻ്റെയൊക്കെ പിന്നിലുള്ള തത്വവിധ ഏ ഒന്നിച്ചെടുത്താൽ ഒരെണ്ണം ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കിട്ടിയ കുരികിലാണ് ഈ അഞ്ചാമത്തെ കുരികിൽ എന്നിട്ട് കർത്താവ് അവിടെ പറയുക ഈ അഞ്ചാമത്തെ കുരികില് നിലത്ത് വീണു നിലത്ത് വീണാൽ പൈസയെക്കുറിച്ചാണ് ഈ യജമാനന് ബോധ്യമെങ്കിൽ അയാൾ വിചാരിക്കൂ ഓ ഇനിയിപ്പോൾ അതിനെ കുഞ്ഞെടുക്കുമൊന്നും വേണ്ട അത് നമുക്ക് അതിന് കാശൊന്നും ഞാൻ കൊടുത്തല്ലോ ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ എന്ന് കർത്താവ് എന്തോ പറയുന്നു കർത്താവ് അവിടെ എന്താ പറയുന്നത് ഈ ഭാഗത്തല്ല നമ്മൾ നേരത്തെ മറ്റൊരു സുവിശേഷവുമായി ചേർത്ത് ഇതിനെ ചിന്തിച്ചതാണ് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വീണ്ടും കിടക്കുന്നില്ല അഞ്ചാമത്തെ കുരികിൽ നിലത്ത് വീഴുമ്പം നമ്മുടെ സ്രകസ്ത പിതാവ് എന്തോ ചെയ്യുന്നത് ഈ അഞ്ചാമത്തെ കുരികിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിലയും അഞ്ചാമത്തെ കുരികിൽ താഴെ പോയാൽ ആരും എടുക്കുകയല്ല പോട്ടെ വെറുതെ കിട്ടിയല്ലോ പോട്ടെ ആ ഒന്നാമതെ കുഴപ്പം പിടിച്ചതാ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും എന്ന് പറഞ്ഞ് എല്ലാവരും റിജക്റ്റ് ചെയ്യുന്ന കുരികിൽ ആ കുരികിനെ പോലും സ്വർഗസ്ത പിതാവ് എന്തോ ചെയ്യും സ്വർഗസ്ത പിതാവ് ആ കുരുകിനെപ്പോലും കരുതുന്നെങ്കിൽ ആ കുരുകളിനെ പോലും നിലത്ത് വീഴുന്ന ആ കുരികളിനെ പോലും പിതാവ് നെഞ്ചോട് ചേർത്ത് അണയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഏറിയ നിങ്ങൾ ആ കുരകളിനേക്കാൾ വിശേഷതയുള്ളവരല്ലേ നമ്മൾ ചിലപ്പം നമുക്കൊരു അൺവർത്തിനെസ് നമുക്ക് തന്നെ തോന്നും നമുക്കിരിക്കുമ്പോൾ ഓ ഞാൻ എന്താ നമ്മളെന്ത് തോന്നും ഓ നമുക്ക് നമ്മൾ മറ്റു പലരുമായിട്ടൊക്കെ താരതമ്യും അവരൊക്കെ വലിയ ആളുകൾ നമ്മൾ തന്നെ നമ്മളാരും ആ ആരും ശ്രദ്ധിക്കുക ഞാൻ കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിന് പോയില്ലേ എന്നിട്ട് ബ്രദറെ എന്നോട് ചോദിച്ചില്ല എന്താ വരാൻ ഞാൻ ചോദിച്ചില്ല അപ്പം ഞാൻ ചെന്നത് ശ്രദ്ധിച്ചില്ല ചെല്ലാൻ ഞാൻ ശ്രദ്ധിച്ചില്ല ഓ നമ്മൾ അതേസമയം കാറയിലൊക്കെ വരുന്നവരായിരുന്നെങ്കിൽ ബ്രദറെ എന്ന് ചോദിച്ചേ ഇങ്ങനെ ആരേലും ചിന്തിച്ചിട്ടുണ്ടോ നടന്നു വരുന്ന ആരേലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ ചിന്തിക്കുകയില്ലെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്കൊരു അൺവർത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ തന്നെ നമ്മൾ ഒന്നിസാർ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ല നമ്മളെ ആരും കണക്കെടുക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ ഉടനെ ഓർത്തോണം ഈ അഞ്ചാമത്തെ കുരികളിനേക്കാളും മോശമാണോ ഞാൻ അല്ല അല്ല അതിനേക്കാളും ഭേദമല്ലേ ആ അഞ്ചാമത്തെ കുരികളിനെ പോലും കരുതുന്ന ഒരു സ്വർഗീയ പിതാവിനെയാണ് യേശു കാണിച്ചു തന്നേക്കുന്നത് കാണിച്ചു തന്നേക്കുന്നു കണ്ടോ അതുകൊണ്ട് അത് നമ്മുടെ വർത്തമാനകാലത്തിലെ നമ്മുടെ ആ നിലയിലുള്ള ഉത്കണ്ഠകൾ അതിനെതിരെയും കർത്താവ് പറഞ്ഞിരിക്കുന്നു ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവര് നമ്മളെന്താ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് പത്താം എഴുതി ദിവസത്തിനു ശേഷം ആറാം അധ്യായത്തിൽ മൂന്ന് വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞു പത്താം അധ്യായത്തിൽ മൂന്ന് ഭയപ്പെടണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് മൂന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് മൂന്ന് കോണ്ടസ്റ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലും ഭയങ്ങൾ പലപ്പോഴും വരുന്നത് നമ്മുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടും ഭാവിയുമായി ബന്ധപ്പെട്ടും വർത്തമാനകാലവുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് കാലത്തെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട കർത്താവ് പറഞ്ഞാൽ നമുക്കത് എടുക്കരുതോ കർത്താവിന് ഭൂതകാലവും അറിയാം ഭാവിയും അറിയാം വർത്തമാനവും അറിയാവുന്ന കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ധൈര്യപ്പെടാം കർത്താവ് യേശു ക്രിസ്തു പാസ്റ്റിലും ഇന്നും ഫ്യൂച്ചറിലും ആ കർത്താവ് പറഞ്ഞേക്കുന്നത് മൂന്ന് കാലത്തിലും പറഞ്ഞേക്കുന്നു വിചാരപ്പെടേണ്ട വിചാരപ്പെടേണ്ട വിചാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയമില്ലാതിരിക്കണ്ടേ ഭയമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ഇത്രയും പറഞ്ഞ് നിർത്തിയാൽ ചിലപ്പോൾ അത്രത്തോളം റിയലിസ്റ്റിക് ആവുകയല്ലേ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടെ വളരെ വേഗത്തെ നോക്കിയിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക യോഹന എൻ്റെ സുശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം പത്തൊൻപതാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഈ ഇരുപതാം അധ്യായത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ കർത്താവ് വന്നിട്ട് അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്തോ ചെയ്തു പലർക്കും പ്രത്യക്ഷമാകുമൊക്കെ ചെയ്തു ശിഷ്യന്മാർക്കും അറിയാം യേശു ഉയർത്തെഴുന്നേറ്റവും അറിയാം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ഇരുപതാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ നോക്കുക ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മട്ടലക്കാര്യത്തെയും അറിയാം കല്ലറയ്ക്ക ചെന്നപ്പം ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൾക്ക് പ്രത്യക്ഷമായി അപ്പോൾ അങ്ങനെ ശിഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടി യേശു പറഞ്ഞതുപോലെ തന്നെ യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഞാൻ മരിച്ചാലും ഉയർക്കുമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഏച്ചി ഉയർത്തെഴുന്നേറ്റവും അവർക്കറിയാം അപ്പം മരണത്തെ ജയിച്ചൊരാൾ ഉയർത്തെഴുന്നേറ്റാൽ എന്താ പിന്നെ വല്ലതും പേടിക്കണം പിന്നൊന്നും പേടിക്കണ്ട പേടിക്കണ്ട മരണത്തെ ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്തുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു മരണവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു മരണഭയം ആ മരണത്തെ മരണത്തെ കടന്ന് അക്കരെ പോയേച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഇതാണ് കർത്താവായ യേശുക്രിസ്തു ആ കർത്താവ് മരണത്തെ നിന്ന് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ മരണഭയത്തെ അതിജീവിച്ചു അങ്ങനെ മരണത്തെ അതിജീവിച്ച കർത്താവ് നമ്മുടെ സ്വന്തമാണെന്ന് ശിഷ്യന്മാർക്കറിയാം എന്നിട്ടും ശിഷ്യന്മാരവിടെ എന്താ ചെയ്യുന്നത് അതിൻ്റെ പത്തൊൻപതാം വാക്യം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു കണ്ടോ ഇവിടെ ശിഷ്യന്മാരെന്തോ ചെയ്തിരിക്കുക ശിഷ്യന്മാർ വാതിലടച്ചകത്തിരിക്കുക വാതിലടച്ചകത്തിരിക്കാൻ എന്തുവാ കാര്യം പേടിയ പേടിയ പേടിയ സത്യത്തിൽ യേശു മരണത്തെ ജയിച്ച് ഉയർത്തവനാണ് അതവരറിയം ചെയ്തു എങ്കിലും അവർക്ക് അവരുടെ പേടി വിട്ടുമാറുന്നില്ല അവർ വാതലടച്ച് അകത്തിരിക്കുക അകത്തിരുന്നപ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവിടുന്ന് അവരെ ആ നിലയില് അവരുടെ പേടി മാറ്റാനായിട്ട് താന് വന്നു കണ്ടോ ശിഷ്യന്മാര് അവിടെ പേടി ഉള്ളവരായിട്ടാണ് ഇരിക്കുന്നത് ഉടനെ യേശു എന്തോ ചെയ്തു യേശു അവരോട് സമാധാനം എന്നൊക്കെ പറഞ്ഞു നമുക്ക് അതെല്ലാം വായിക്കാനായിട്ട് കഴിയില്ല ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യേശു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാൽമാവിനെ കൈക്കൊള്ളീൻ എന്ന് പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാൽമാവിനെ കൈക്കൊൾവിൻ എന്ന് പറഞ്ഞു അപ്പം കണ്ടോ പരിശുദ്ധാൽമാവെന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ശക്തിയാണെന്ന് നമുക്കറിയാം നമ്മൾ അപ്പോൾ സ്ഥല പ്രവർത്തി ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ശക്തിയാണ് അപ്പോൾ ഇവർക്കിവിടെ എന്തോ ചെയ്തു കർത്താവ് എന്തോ ചെയ്തു പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി അവരുടെ മേലെ അയച്ചു അയച്ചു കഴിഞ്ഞു അയച്ചു കഴിഞ്ഞപ്പം നോർമലി പ്രതീക്ഷിക്കുന്നത് അവർ ശക്തരായി പേടിയെല്ലാം മാറി എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ താഴോട്ട് വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ മറ്റൊരു വാക്യം കാണുന്നു ഇരുപതിൻ്റെ അതേ അധ്യായത്തിൻ്റെ തന്നെ ഇരുപത്തി ആറാമത്തെ വാക്യം നിനക്കതിൻ്റെ തുടർച്ച മനസ്സിലായോ ആദ്യം അവർ പേടിച്ചു വാതിലടച്ചു കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർക്ക് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി അത് കഴിഞ്ഞിട്ട് എട്ട് ദിവസം കഴിഞ്ഞു ഇരുപത്തിയാറാമത്തെ വാക്യം എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസവും ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം തോന്നുന്നു നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്ന ഇവിടെ എന്താ ഓ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു പിന്നെ അവർ ശക്തരായിത്തീർന്നു പിന്നെ എട്ട് ദിവസം കഴിഞ്ഞപ്പം വാതിലടയ്ക്കേണ്ട കാര്യമുണ്ടോ വാതിലടയ്ക്കുന്നത് എന്തിനു വേണ്ടിയാ നേരത്തെ നമ്മൾ കണ്ണു പറഞ്ഞു യഹൂദന്മാരെ പേടിച്ചാ വാതിലടയ്ക്കുന്നത് ഇപ്പം പരിശുദ്ധാൽമാവ് എന്നുള്ള ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പം സത്യത്തിൽ അവർ വാതിലടയ്ക്കേണ്ടതുണ്ടോ ഇല്ല വാതിൽ തുറന്നിട്ട് ആരുണ്ട് ഇവിടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കേണ്ട ആളുകളാണ് കാരണം പരിശുദ്ധമൊക്കെ ലഭിച്ചല്ലോ പക്ഷേ അവിടെയും പ്രായോഗിക രംഗത്ത് നമ്മൾ കാണുന്നത് അവർ വാതിലടച്ചു എന്നാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇതെന്താ എന്താ ഉദ്ദേശം എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ പറഞ്ഞു വരുന്നതിന് ഞാൻ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് എന്ത് കിട്ടും പരിശുദ്ധാൽമാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കോരിന്തിയർ പന്ത്രണ്ടിൻ്റെ മൂന്ന് കഴിഞ്ഞൊരു ദിവസം നമ്മൾ വായിച്ചു അവിടെ എന്താ പറഞ്ഞത് പരിശുദ്ധാൽമാവിനാലല്ലാതെ ഒരാൾക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാനൊക്കുകയില്ല റോമർക്കതി ലേഖനത്തിലെ വാക്യത്തോട് നമ്മൾ അതിനെ ചേർത്ത് ചിന്തിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും കർത്താവെന്ന് കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയും അപ്പം യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കുന്നത് എന്താണ് രക്ഷ രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന കാര്യമാണ് ആ രക്ഷിക്കപ്പെടുന്ന രംഗത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ആത്മാവിൽ വാസം ചെയ്യുന്നു പക്ഷേ അവിടെ രക്ഷയിൽ വരുന്ന പരിശുദ്ധാത്മാവ് എന്താ നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റിയെ മുഴുവനായിട്ട് ഫില്ല് ചെയ്യുന്നില്ല അവിടെ എന്താ അവിടെ അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ളതേയുള്ളൂ ഒരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞാൽ ഒരു കപ്പിനകത്ത് വെള്ളമിരിക്കുന്നു വെള്ളമിരിക്കുന്നു വെള്ളമിരിക്കുന്നു വെള്ളമില്ലേ വെള്ളം കപ്പിനകത്തില്ലേ ഉണ്ട് എന്നാൽ ആ വെള്ളം കപ്പിനുള്ളിൽ ഉണ്ടെങ്കിലും മറ്റൊരു ആ കപ്പിലേക്ക് കപ്പിൽ നിറയെ നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെയും വെള്ളമൊഴിക്കുമ്പം ആ കപ്പ് നിറഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുന്നത് പോലെ ഒരു അനുഭവം ആദ്യത്തെ കപ്പിനില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് അതായത് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് വരുന്നു പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുന്നത് ഒരു രണ്ടാമതൊരനുഭവമാണ് അതിനെയാണ് ദൈവോജനം അങ്ങനെ ഉണ്ടാകുന്ന ആ രണ്ടാമത്തെ അനുഭവത്തിൻ്റെ ആദ്യ ആദ്യ പ്രത്യക്ഷതയാണ് ദൈവജനം പരിശുദ്ധാത്മ സ്നാനം ബാപ്തിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് കർത്താവിനെ സ്വീകരിച്ചു അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ അവിടം കൊണ്ട് പൂർണ്ണമായില്ല രണ്ടാമത് അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴേ അവൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവൻ പൂർണമായിട്ട് ആയിത്തീരുന്നുള്ളു നമ്മളിപ്പോൾ നോക്കുക നമ്മളിവിടെ പറഞ്ഞ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത്തിരണ്ടിൽ കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ ആ കാര്യത്തെ നമുക്ക് ഏതിനോട് ചേർത്ത് ചിന്തിക്കാം അവർ പരിശുദ്ധ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ അവർ രക്ഷകനും നാഥനുമായിട്ട് കണ്ടു കാൽവറി ക്രൂശ്യയിൽ കർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കർത്താവിനെ എങ്ങനെ കാണാനൊക്കെ ഉള്ളൂ രക്ഷകൻ എന്ന് കാണാനൊക്കെ ഉള്ളൂ രക്ഷകൻ അതുപോലെ തന്നെ നാഥനായിട്ട് കണ്ടു നാഥനായിട്ട് കണ്ടു ഏഹ് അങ്ങനെ കണ്ട് കണ്ടുകഴിയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് രക്ഷിക്കപ്പെടുന്നതിന് തുല്യമാണ് ആ രക്ഷിക്കപ്പെടുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിനെ ഊതി എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നതുപോലെയുള്ള ഒരു അനുഭവമാണ് അല്ലെങ്കിൽ അവരവിടെ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കവിടെ പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ആ രക്ഷിക്കപ്പെട്ട അവസ്ഥ അവരുടെ പേടി പൂർണ്ണമായിട്ടും മാറ്റിയില്ല അതുകൊണ്ട് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും വാതലടച്ച് തന്നെ ആയിരിക്കുന്നു എന്നാൽ അപ്പോസ്ഥല പ്രവർത്തി രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോഴോ രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ ശിഷ്യന്മാർ പിന്നെയും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു കൂടിയിരുന്നപ്പം അവർക്ക് അവിടെ വെച്ച് എന്തുണ്ടായി പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരനുഭവം ഉണ്ടായി ആ രണ്ടാമത് ഒരു അനുഭവം ഉണ്ടായപ്പം അതിൻ്റെ താഴെ നമ്മൾ നാലാമത്തെ വാക്യത്തിലൊക്കെ എന്താണ് വായിക്കുന്നത് ഇത് കേട്ടോണ്ട് ആളുകൾ ഇതെല്ലാം കണ്ടു ആളുകൾ ഓടി വന്ന് അത് കാണണമെങ്കിൽ അന്നേരം എന്തോ വേണ്ട എന്തോണ്ട് വാതല് തുറന്നു കിടക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പോ സ്ഥലപ്രവൃത്തി രണ്ടാമദ്ധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ അല്ലെ നാല് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ബഹളം എല്ലാം കേട്ടോണ്ട് ആളുകൾ ഓടി വന്ന് ഇവരിരുന്ന മുറിക്കകത്ത് കയറണമെന്നുണ്ടെങ്കിൽ വാതൽ അടച്ചിരുന്നാൽ ഒക്കുകയില്ല ഇവരിപ്പം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവസ്ഥയിൽ അവരെന്ത് ചെയ്തു അവർക്ക് വാതൽ തുറക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായി ഞാൻ പറഞ്ഞു വന്നതിനെ ഇങ്ങനെ സംക്ഷേപിക്കാം നമുക്കതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം അതെല്ലാം പറയാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷിക്കപ്പെട്ട ആളുകളായിരിക്കാം നമ്മൾ പരിശുദ്ധാത്മാവ് എങ്കിലും നമുക്ക് പിന്നെയും പേടികളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെന്താ വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വർദ്ധിച്ച ഒരു അനുഭവത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അല്ലാതെ ഇതിൽ കാര്യം ശിഷ്യന്മാർ അവർ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടവരാണ് പക്ഷേ അതുകൊണ്ട് അതവരുടെ പേടി മാറ്റിയില്ല അവർ വാതിൽ പിന്നെയും എട്ട് ദിവസം കഴിഞ്ഞ് പക്ഷേ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വർത്തമാനമായ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അവർ പിന്നെ വാതിൽ അടച്ചില്ല വാതിലടച്ചില്ല വാതിൽ തുറന്നിട്ടിരുന്നു ആളുകൾക്ക് വരാം കാണാം ആളുകളെ പേടിയില്ല പയം മാറിപ്പോയി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കാര്യം ഇന്ന് കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്കിങ്ങനെ പറയാം യേശു ക്രിസ്തു ഇന്നലെ ഈ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നൽകാൻ അവിടുന്ന് മതിയായവനാണെങ്കിൽ യേശു ക്രിസ്തു ഇന്നലത്തെ പോലാണ് ഇന്നും ഇരുപത് നൂറ്റാണ്ട് മുമ്പ് ഒന്നാം നൂറ്റാണ്ടിൽ ശിഷ്യന്മാർക്ക് ഈ കാര്യം കൊടുത്തെങ്കിൽ ഇന്ന് നമുക്കും തരും യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യനാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം പേടിപ്പിക്കാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ വരാം പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ഭയമില്ലാത്തവരായിട്ട് ഭയമില്ലാത്തവരായിട്ട് നമ്മൾ നിൽക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിൽ സമർപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റ് കാര്യങ്ങളെ ഭയപ്പെടേണ്ടതായിട്ടില്ല ഞാൻ നേരത്തെയും ഒരു ഒരാളുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ആ ആ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഒരാളെ ഒരാളെ ക്രിസ്ത്യാനി ആയതിന് ആ അന്നത്തെ രാജാവ് പിടിച്ച് എന്തു ചെയ്തു രാജാവ് ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു ആഹാ ഇവനെ അന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം വരിക ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്രിസ്ത്യാനി അല്ലേ യഥാർത്ഥത്തിൽ കർത്താവിനെ അറിഞ്ഞ ആളുകൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു മതവിഭാഗത്തെ പറയുന്നെന്നല്ല കർത്താവിൻ്റെ ശരിക്കുള്ള അനു അനുയായികളെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ആ പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ ഒരാളെ രാജാവ് പിടികൂടി രാജാവ് പിടിച്ചപ്പോൾ രാജാവ് വിചാരിച്ചു ഇവനെ ഒന്ന് പേടിപ്പിച്ച് വിടാം രാജാവ് പറഞ്ഞു ഞാനുണ്ടല്ലോ നീ മര്യാദയ്ക്ക് നിന്റെ യേശുവിനെ തള്ളി പറഞ്ഞു ഇല്ലെങ്കിലെ ഞാൻ എന്തോ ചെയ്യും ഞാൻ നിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടുവെന്ന് പറഞ്ഞു ഉടനെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ രാജാവേ എൻ്റെ സ്വത്തൊക്കെ സ്വർഗത്തിലാണ് അതുകൊണ്ട് ഇവിടുത്തെ സ്വത്തൊക്കെ കണ്ടു കെട്ടിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചു ഉടനെ രാജാവ് വിചാരിച്ചു എടാ ഇവനെ ഈ സ്വത്ത് കണ്ടുകെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവനെ പേടിപ്പിക്കാൻ പറ്റുന്നില്ല രാജാവ് പറഞ്ഞു എടാ നിൻ്റെ തല വെട്ടിക്കളയെന്ന് പറഞ്ഞു അതീ പേടിപ്പിക്കാനൊന്നുമില്ല തല വെട്ടിക്കളെ ഉടനെ അവൻ അന്നേരം ചിരിച്ചുകൊണ്ട് പറയുക എൻ്റെ തല ഇപ്പോൾ വെട്ടിയാൽ ഞാൻ എൻ്റെ സ്വർഗത്തിൽ എൻ്റെ ദൈവത്തോടൊപ്പം ആയിരിക്കും രാജാവേ അതുകൊണ്ട് എനിക്ക് അതും പേടിയില്ലെന്ന് പറഞ്ഞു ചുരുക്കത്തെ രാജാവ് വിചാരിച്ച് ഇവനെ ഒന്ന് പറഞ്ഞു പേടിപ്പിക്കാനൊക്കെയല്ലേ സ്വത്ത് കണ്ടു കെട്ടുമെന്ന് പറഞ്ഞാലും പേടിയില്ല നിന്നെ നാട് കടത്തുമെന്ന് പറഞ്ഞു നാട് കടത്തുമെന്ന് പറഞ്ഞു നിന്നെ ആരുമില്ലാത്ത ആൻ്റെ മനസ്സിലേക്ക് നാട് കടത്തും അവൻ എന്തേരം എന്താ പറഞ്ഞു അവിടെ വിട്ടാൽ ഓ ദൈവം വലിയവനായ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ മാറാത്തവനാ ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ലേ ഉപേക്ഷിക്കയില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ആൻ്റെ മനസ്സിലും എനിക്കുണ്ടാകും അതുകൊണ്ട് എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് ഒടുവിൽ പറഞ്ഞ നിന്റെ തല വിട്ടു എന്ന് പറഞ്ഞു തല വെട്ടിയാൽ ഞാൻ സ്വർഗത്തിലായിരുന്നു ചുരുക്കത്തിൽ ശരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ ദൈവം ദൈവോജനം വാഗ്ദാനം ചെയ്യുന്ന കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ വന്നാൽ നമുക്കെന്തില്ല നമുക്ക് ഭയമില്ല ഈ ലോകത്തെക്കുറിച്ച് പേടിയില്ല വർത്തമാനകാലത്തെ പേടിയില്ല ഭൂതകാലത്തെ പേടിയില്ല ഭാവിയെ പേടിയില്ല അങ്ങനൊരു ജീവിതം ഓ അതിനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കത് നമ്മളാരും ആ നിലയിൽ എത്തിയിട്ടില്ല പക്ഷേ ആ ഒരു ലക്ഷ്യം വെച്ച് നമുക്ക് പിന്നെയും ദൈവത്തോട് ചോദിക്കാൻ ദൈവമേ ഞങ്ങളങ്ങനത്തെ ആളുകളായിട്ട് ഓ ഈ ലോകത്ത് ജീവിക്കാനാണല്ലോ അവിടെ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന് എന്താ ഞങ്ങളുടെ പോരായ്മ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് ഇനിയും വേണം ഇത്രയും നാളുണ്ടായതുപോലല്ല ഇനിയും കൂടുതൽ വർത്തമാനമായ ഒരളവിൽ ഞങ്ങൾക്കുണ്ടാവണം എന്ന് പറയണം നമുക്കങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം